ഹത്തം വീണ്ടും ഒരു ഞായറാഴ്ച കൂടി ദൈവസന്ധ്യയിൽ സഭയായി കൂടി വരുവാൻ നമ്മളെ സഹായിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു നമ്മുടെ മുതിർന്ന സഹോദരങ്ങളും പല പ്രിയപ്പെട്ടവരും ബാംഗ്ലൂരിൽ വളരെ നമ്മുടെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കുറേ മെസ്സേജുകളൊക്കെ കേൾക്കാനിടയായത് തുറന്ന സ്വർഗത്തിന് കീഴിൽ ദൈവം തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന അനേക സത്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പല പ്രിയപ്പെട്ടവരും പറയുന്നത് വളരെ അനുഗ്രഹമായിട്ട് എനിക്കും അനുഭവപ്പെട്ടു നമുക്ക് ഇന്ന് പല മെയിൻ കോൺഫറൻസിൽ നിന്ന് കഴിയുകയാണ് ഉച്ചയ്ക്ക് കഴിയും പോയവർ കൂടുതലും ഇന്ന് തിരികെ വരും പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യും അവരെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിക്കാം പ്രത്യേകിച്ച് ഇന്ന് സണ്ണിപേർ പറഞ്ഞതുപോലെ ഇന്ന് ഉച്ച കഴിഞ്ഞ് യൂത്ത് മീറ്റിങ് തുടങ്ങിയാണ് നമ്മുടെ ഈ ചർച്ചിൽ നിന്നും അഞ്ച് പേര് കുട്ടികളുണ്ട് ഇവിടുന്ന് നാല് പേരും അടിമാലിയിൽ നിന്ന് ഒരു കുട്ടിയുണ്ട് അടിമാലി സമയം അഞ്ച് പേരാണ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നത് ഈ കോട്ടയത്ത് നിന്ന് പോയിരിക്കുന്നത് നമുക്ക് അവരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാം നാളെ അത് സമാപിക്കും കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തോടെ മടങ്ങി സഭയിൽ അനുഗ്രഹമായിട്ട് ദൈവഭയത്തിൽ നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ ആയിരിക്കാൻ നമ്മളെ നമ്മൾ ദൈവം സഹായിക്കട്ടെ ഈ നാളിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ കേട്ടതുപോലെ ദൈവഭയത്തിൻ്റെ ഒരു കുറവ് നമ്മുടെ സഭകളിൽ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലാതിരിക്കട്ടെ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ഇന്നത്തെ ഭജന ചിന്തക്കായിട്ട് തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്നും ഒരു ഭാഗം ചിന്തിക്കാം തീത്തോസ് എഴുതി ലേഖനം പോലും സപ്പുസോലൻ തൻ്റെ രണ്ടും മൂന്നും മിഷനറി യാത്രകളിൽ തീത്തോസിനെ തൻ്റെ കൂടെ ഈ ഈ യാത്രകളിലെല്ലാം തന്നെ കൊണ്ടുപോയിരുന്നു എന്നാൽ താൻ ഒരു വേള റോമിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ റോമിലെ ആ കാലാഗ്രഹ സമയത്ത് വാസ സമയത്ത് ഒന്നാം കാലാഗ്രഹവാസ സമയത്ത് ക്രേത്ത എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ സിയിലെ ഒരു വലിയ ദ്വീപിൽ തീത്തോസിനെ താൻ ഒരു ചുമതല ഏൽപ്പിച്ച് അവിടെ അവിടെ തങ്ങാൻ അനുവദിക്കുകയാണ് തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഇതാണ് ആ ദേശത്ത് വലിയൊരു പട്ടണമാണ് ക്രീത്ത ക്രേത്ത ആ ക്രേത്തയിൽ സഭകളിൽ പട്ടണം തോറും മൂപ്പന്മാരെ നിയമിക്കണം നമുക്ക് ആ മൂന്നധ്യായങ്ങളുള്ള ആ ടൈറ്റസിൻ്റെ അല്ലെങ്കിൽ തീത്തോസിൻ്റെ പുസ്തകത്തിൽ വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് പോലീസ് പറയുന്നത് ക്രിസ്തീയ ഗൗരവമേറിയ ക്രിസ്തീയ ജീവിതത്തിന് മതിയായതായ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മൂപ്പനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് അതിന് മാനദണ്ഡങ്ങൾ അതേ തുടർന്ന് ദുരുപദേഷ്ട ഉപദേഷ്ടന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പ് നമുക്ക് അവിടെ വിശ്വാസികൾ വഴിതെറ്റിപ്പോ ആദ്യകാലങ്ങളിൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ദുരുപദേശം വളരെ വ്യാപകമായി നിൽക്കുമ്പോൾ അവിടെ അവർ അവർക്കെതിരെ ജാഗ്രത പുലർത്തണം നമുക്ക് വ്യക്തിപരമായിട്ട് തീത്തോസിനെ ചൊല്ല ചുമ കാര്യങ്ങൾ പറഞ്ഞ് ചുമതലപ്പെടുത്തുകയാണ് അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ള തീരണം അതുകൊണ്ട് അവർ സത്യം വിറ്റ അകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കാൻ അവരെ കർശനമായി ശാസിക്കുക നോക്കുക തൻ്റെ സഭയെക്കുറിച്ചുള്ള ഭാരം അവിടെ ദൈവത്തെ അറിയുവാനായിട്ട് വന്നു കൂട്ടിയിരുന്നവർ ദുരുപദേശത്തിലും ലോകത്തിൻ്റെ ആ ഇഷ്ടങ്ങളിലേക്കോ ലോകത്തിൻ്റെ ആകർഷങ്ങളിലേക്കോ പോകാതെ നീ അവരെ ശാസിക്കണം അതുപോലെ രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കാരിക്കേണ്ടതിന് യൗവനക്കാരികളെ ഉപദേശിക്കണം നിങ്ങളുടെ ഉപദേശിക്കണം ഭാര്യമാരെ ഉപദേശിക്കണം അവർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവാൻ അവർ പല കാര്യങ്ങളിടപെടാതിരിക്കുവാനൊക്കെ ഉപദേശിക്കണം അവർ ഭർത്ത പ്രിയന്മാരും മക്കളെ മക്കളെ പുത്രപ്രിയന്മാർ പ്രിയമാരും ഒക്കെയായി അവർ അവരെ സൂക്ഷിക്കണം എന്നൊക്കെ എത്ര വളരെ ഗൗരവമേറിയ പല ഉപദേശങ്ങളും നമുക്കവിടെ കാണാം എന്താണ് നാം പറയുന്ന വിരോധി നമുക്കെതിരെ ഒരു ആരോപണവും കൊണ്ട് അതുകൊണ്ട് നിൻ്റെ ജീവിത ജീവിതത്തെയും നീ ഉപദേശിക്കുന്നവനായ നിൻ്റെ ജീവിതത്തെയും നീ ശ്രദ്ധിച്ചു അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ഗൗരവമേറിയ നിർദ്ദേശങ്ങളാണ് തീത്തോസിന് പൗലോസഭസോലൻ കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും തൻ്റെ ഭാരമിതമാണ് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം പിന്നെ ഇപ്പോഴൊരു ഏത് കാലത്തും ദൈവസ്നേഹത്തിൽ നിന്നും ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളെ പിന്പോട്ട് കൊണ്ടുവരുന്നത് ഈ പ്രപഞ്ചമോഹവും അല്ലെങ്കിൽ ആ നിലയിലുള്ള ഭക്തികേട് ദൈവഭയമില്ലായക അതാണ് ഭക്തികേട് ദൈവഭയമില്ല ഈ ഒരു കാര്യത്തിനെതിരെ താൻ ഈ വളരെ ജാഗ്രതയാകുവാനായിട്ട് ജാഗ്രത നിൽക്കേണ്ടതിനായിട്ട് തീത്തോസിനെ ഉപദേശിക്കുമ്പോൾ ആ മൂന്നാം അധ്യായത്തിലേക്ക് തൻ്റെ ഈ ഈ നിർദ്ദേശങ്ങളെയൊക്കെ പൗരസഭാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ അവിടെ ഈ ഈ രക്ഷ എന്നുള്ളത് ഏതെങ്കിലും നീതി പ്രവൃത്തി വഴിയല്ല അഞ്ചാം വാക്യം നാം ചെയ്ത നീതിപ്രവർത്തികളല്ല തൻ്റെ കരുണപ്രകാരം അത്രയെ രക്ഷിച്ചത് എന്നിട്ട് ഈ ലോകസ്നേഹവും ദൈവഭയവുമൊക്കെ നമ്മൾ അങ്കുവരിക്കാനായിട്ട് ലോകസ്നേഹത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കാനായിട്ടും ദൈവഭയം നമ്മൾ അങ്കുരിക്കാനുമൊക്കെയായിട്ട് ഒരവകാശബോധമില്ലാതെ ദൈവത്തിൻ്റെ കരുണ പ്രാപിച്ച ഒരു കൂട്ടമായിട്ട് സഭ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് താൻ പറയുകയാണ് ആറാം വാക്യം ഇങ്ങനെയാണ് നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന സ്നാനം കൊണ്ടും നമുക്ക് രക്ഷയുടെ രണ്ട് ഘട്ടങ്ങളെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ആദ്യത്തെ ഘട്ടം തൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവിൻ്റെ നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് ആ വീണ്ടും ജനന അനുഭവം അത് കർത്താവിൻ്റെ ദാനമാണ് നാം കർത്താവിനെ തിരഞ്ഞെടുത്തതല്ല അവിടെ കർത്താവിൻ്റെ ദാനമായിട്ട് നാം രക്ഷിക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു ഊന്നൽ രണ്ടാമത് പറയുന്നു നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടുമാണ് അപ്പോൾ നമുക്ക് അവിടെ മുമ്പിൽ പറയുന്നു ലോകത്തിൻ്റെ പ്രപഞ്ചമോഹങ്ങളെല്ലാം വർജിക്കുവാനായിട്ട് നമ്മൾ നവീകരണം നമ്മുടെ രൂപാന്തരം സ്വാഭാവികമായ നമ്മുടെ താല്പര്യങ്ങൾ അത് രൂപാന്തരപ്പെടണം ആ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തലത്തിലുള്ള നമ്മുടെ ദേഹിയെ നാം നിരന്തരം രൂപാന്തരപ്പെടുത്തണം റിന്യൂവൽ ഓഫ് ദ ബൈ ദ ഹോളി സ്പിരിറ്റ് റിന്യൂവിംഗ് ഓഫ് ദ ബൈ ദ ഹോളി സ്പിരിറ്റ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് നമ്മൾ പാടി റോമലേഖനത്തിൽ റോമലേഖനത്തിൽ ആരാധനയെ തുടർന്ന് രണ്ടാം വാക്യം പന്ത്രണ്ടിൽ രണ്ടിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത് ഈ ലോകത്തിന് അരി നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമെൻ ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മുടെ മനസ് സ്വാഭാവിക മനസ്സുകൊണ്ട് കത്താവിനെ പിൻപറ്റാനാവില്ല അവിടെ എങ്ങനെയാണ് കത്താവേ എന്ന മനസ്സ് ഞാൻ രൂപാന്തരപ്പെടുക എനിക്ക് ആവശ്യബോധമുണ്ട് എനിക്കറിയാം എനിക്ക് എൻ്റെ സ്വഭാവം ലോകത്തിലോട് പലതും അനുരൂപമാണ് ലോകത്തിൻ്റെ പല കാര്യങ്ങളും എന്നെ ഇന്ന് സ്വാധീനിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ രൂപാന്തരം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് താക്കോലിവിടെ തീത്തോസിൻ്റെ ഈ ലേഖനത്തിലാണ് നമുക്ക് കാണുന്നത് എന്താണ് നമ്മുടെ രക്ഷിതാവായ യേശു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാൽമാവിൻ്റെ നവീകരണം നോക്കുക പരിശുദ്ധാൽമാവ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ നവീകരണം ദൈവത്തിൽ എത്ര വലിയൊരു വാഗ്ദാ വാഗ്ദത്വമാണിത് നമ്മുടെ മനസ്സിനെ നവീകരിക്കുവാൻ ധാരാളമായി നമ്മുടെ മേൽ പകരപ്പെട്ടതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഗ്ദത്തത്തെ പ്രാപിക്കാനായിട്ട് പലപ്പോഴും നമ്മുടെ ഈ വാഗ്ദത്വത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എത്ര പ്രധാനപ്പെട്ട ഈ വാഗ്ദത്വം നമുക്ക് എത്ര എളുപ്പത്തിലാണ് സാത്താൻ നമ്മളിൽ നിന്നും പലപ്പോഴും മറച്ചു വയ്ക്കുന്നത് നമ്മൾ ഈ നാടുകളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിനെപ്പറ്റി നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ ധാരാളമായിട്ട് കേട്ടുകൊണ്ടിരുന്നു ഇവിടെ നോക്കുക നമ്മുടെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ എല്ലാ ബലഹീനതകളെയും ലോകത്തിൻ്റെ പറ്റുമാനങ്ങളെയും ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവമെനിക്ക് തന്നിരിക്കുന്ന വാക്തത്വമാണ് പരിശുദ്ധാത്മാവ് ധാരാളമായി എപ്പോഴും അങ്ങനെയല്ലേ യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ നിങ്ങൾക്ക് അവൻ തരും എന്നേക്കും നിങ്ങളോട് കൂടി എപ്പോഴും സമൃദ്ധമായിട്ട് ഇന്നും ഓരോ മണിക്കൂറുകളും എൻ്റെ ജീവിതത്തെ പിന്നോട്ട് പിടിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ അതുമാത്രമല്ല പരിശുദ്ധ നമ്മുടെ ഉള്ളിൽ കത്താപ് വസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ കർത്താബിൻ്റെ ഇതാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യവും പരിശുദ്ധാത്മാവും മുഖാന്തരമാണെന്ന് യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ നാം വ്യക്തമായിട്ട് വായിക്കുന്നത് അല്ലേ യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ഒന്ന് ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ മൂന്നിൻ്റെ ഇരുപത്തി നാലിങ്ങനെയാണ് വായിക്കുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്നെ ആത്മാവിനാൽ നാം അറിയുന്നു അവൻ നമ്മിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമെന്താണ് അവൻ തന്ന ആത്മാവാണ് എൻ്റെ ഹൃദയത്തിൽ ആ ബോധ്യം തരുന്നത് അത് വീണ്ടും ജനനത്തിൻ്റെ സമയത്ത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന എൻ്റെ ആത്മാവിനെ ഉണർത്തുന്ന കാര്യമല്ല പറഞ്ഞു അവിടെ ജീവിക്കാൻ ആജീവനല്ല മറിച്ച് എൻ്റെ മേൽ തരുന്ന എനിക്കുള്ളിലേക്ക് തരുന്ന അവിടുത്തെ വാഗ്ദവമായ പരിശുദ്ധാത്മാവാണ് കത്താവ് എന്നിൽ വസിക്കുന്നു കത്താവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് തരേണ്ടത് അപ്പോൾ നമുക്ക് എത്ര അത്യാവശ്യമാണ് ഈ ആത്മാവിൻ്റെ ഈ വാഗ്ദത്വം നാം പ്രാപിക്കുക പലപ്പോഴും കത്താവിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളതായിട്ട് നാം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മൾ കൽപ്പനകളെപ്പറ്റി മാത്രമാണ് നാം നാം ചിന്തിക്കുന്നതും അതനുസരിക്കുവാനായിട്ടുള്ള വ്യഗ്രത നമുക്കുള്ളപ്പോൾ തന്നെ ദൈവം നമുക്ക് ധാരാളമായി തന്നിരിക്കുന്ന വാഗ്ദത്വങ്ങളെപ്പറ്റി നാം അത്രമാത്രം ഗൗരവമായി കാണുന്നില്ല നാം ഇപ്പോൾ ദൈവഭയം അതാണ് കൽപ്പനകൾ അനുസരിക്കാത്തതിനെ പറ്റിയാണ് മറിച്ച് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനന്തമായ വാഗ്ദത്തങ്ങൾ വചനത്തിൽ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ആ നിലയിൽ വിശ്വസിക്കുവാനോ പ്രാപിക്കുവാനോ ഞാൻ സാധാരണഗതിയിൽ മുതിരുന്നില്ലെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം ഭാരമുള്ളതായിത്തീരും അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളർച്ചയില്ലാതെ മുരടിച്ച് മുമ്പോട്ട് പോകാതെ നാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് പുറത്തൊരു കാരണം നമ്മൾ അന്വേഷിക്കേണ്ട അതെൻ്റെ കുടുംബത്തിലെ പ്രശ്നമല്ല എൻ്റെ പരാധീനതകളല്ല എൻ്റെ സാഹചര്യങ്ങളല്ല മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിലുള്ള അവിശ്വാസമാണ് നിലയിൽ ഞാൻ മുമ്പോട്ട് വരേണ്ടതുണ്ട് നമ്മുടെ പാപ സ്വഭാവത്തിൽ പലതിലും നമുക്കൊരു വിടുതൽ കിട്ടുന്നില്ലെങ്കിൽ നാം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാവുന്നൊരു കാര്യം സ്വയം ചെയ്യാനായിട്ട് നാം ശ്രമിച്ച് പരാജയപ്പെടുക പലപ്പോഴും നമ്മുടെ അധ്വാനം അതാ കർത്താവ് പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരിക നിങ്ങൾ വരിക നിങ്ങളത് എടുക്കേണ്ട കാര്യമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യും അങ്ങനെയല്ലേ ഈ റോമാലേഖനം പതിനെട്ടാം മൂന്നിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന വാക്യം എട്ടാം എട്ടിൻ്റെ പതിമൂന്ന് ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവർത്തികൾ മരിപ്പിക്കുന്നതെങ്കിൽ നീ ജീവിക്കും ആത്മാവിനാൽ മാത്രമാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ എനിക്ക് കഴിയുക അങ്ങനെയെങ്കിൽ നാം ജീവിക്കും എൻ്റെ മരിച്ചിരിക്കുന്ന ഏതെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിൻ്റെ എല്ലാ മേഖലകളെയും വെളിച്ചമുള്ളതാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനിൽ പ്രവർത്തിക്കും ആത്മാവിനല്ലാതെ നമുക്കത് സാധ്യമല്ല എന്നാണ് വചനം പറയുന്നത് കത്താവിൻ്റെ ജീവിതവും മറിച്ചായിരുന്നില്ല ഹിബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നല്ലേ ഒമ്പതാം അധ്യായത്തിൽ നിത്യാത്മാവിനാൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ തന്നെ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം എങ്ങനെയാണ് പറയുന്നത് യേശു ഈ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിൽ മുപ്പത്തി മൂന്നര വർഷം പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കാർ ഉള്ളതുപോലെ നമുക്ക് എത്രയധികം ആവശ്യമാണ് ആ ഒരു ആവശ്യബോധത്തിലേക്ക് ദൈവം നമ്മുടെ നടത്തട്ടെ ഈ നാളുകളിൽ ഇല്ല എങ്കിലുള്ള ഒരു അപകടം എന്താണ് നമ്മൾ ഈ ആത്മാവിനായിട്ട് ഈ പ്രത്യാശയിൽ നിന്ന് വളർന്നു വരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഒരു ഒരു വലിയ പ്രശ്നം നമ്മുടെ ദേഹി നമ്മുടെ ദേഹി കാര്യങ്ങൾ ഏറ്റെടുക്കും നമ്മുടെ ദേഹി എന്താണ് യഥാർത്ഥത്തിൽ ദേഹി എന്താണ് നമ്മൾ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുക ഒരു ഭാഗത്ത് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകുക ആകരുത് ലോകത്തിന് അനുരൂപരാകരുത് എന്നാണ് നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്തെപ്പറ്റി പറയുമ്പോൾ മറുഭാഗം നമുക്കെതിരായിട്ട് നിൽക്കുന്നതാണ് ലോകത്തോടുള്ള അനുരൂപത അപ്പോൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവനാണ് ദേഹി ദേഹിപ്പോഴും ദേഹി എപ്പോഴും ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകവുമായി രമിക്കുന്ന നമ്മുടെ സ്വാഭാവികമായ സ്വഭാവമാണ് അപ്പോൾ എന്താണ് മനുഷ്യരുടെ മുമ്പിൽ ലോകത്തിനെന്താണ് വേണ്ടത് എപ്പോഴും മനുഷ്യൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുക ലോകത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാനും വളരെ ആഗ്രഹം ലോകം എപ്പോഴും നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഉയരെ ഉയരേ ഉയരേ ഇതാണ് ലോകത്തിൻ്റെ ഗതി അപ്പോൾ ലോകത്തിൻ്റെ മൂല്യബോധങ്ങളിലോട്ടും ലോകത്തിൻ്റെ അംഗീകാരത്തിലേക്കും ലോകത്തിൻ്റെ ബഹുമാനവുമൊക്കെ ഇവയോട് സ്പർശ്യതയുള്ള ഒരു ദേഹി അവിടെ നമ്മുടെ സ്വാഭാവിക ജീവൻ അപ്പോൾ എന്ത് പറ്റും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നാം വിശ്വാസികളായിരിക്കന്നെ നാം വീണ്ടും ജനിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെ നാം ലോകത്തിൻ്റെ മാനം നമുക്ക് പ്രധാനമാകും നമ്മൾ വീണ്ടും ജനിച്ചു കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തു അപ്പോൾ തന്നെ ലോകമെനിക്ക് യോഗ്യമായ സ്ഥലമായിട്ട് മാറും എനിക്ക് ലോകത്തിൻ്റെ പ്രശംസ ഇഷ്ടമാണ് ലോകത്തിലെ അംഗീകാരം ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിന് പെട്ടെന്ന് മുറിവേൽപ്പിക്കാൻ കഴിയും ഞാൻ പ്രണപ്പെട്ടവനായിട്ട് എനിക്ക് കിട്ടേണ്ട അംഗീകാരം എനിക്ക് കിട്ടേണ്ട അർഹതയെപ്പെട്ട സ്ഥാനം എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ മുറിപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലേ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ നമ്മൾ വായിക്കുന്നു അവരെ എന്താണ് പറയുന്നത് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ഇവിടെ ദേഹിയെ കീഴ്പ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ ആത്മാവിനാൽ നടക്ക നടത്തപ്പെടാത്ത ഒരു വിശ്വാസി എപ്പോഴും ലോകത്തോട് സ്പർശ്യതയുള്ളവരും ലോകത്താൽ കീഴ കീഴക്കപ്പെട്ട എന്തുപറ്റും ലോകവുമായിട്ട് നിരന്തരം കൂടിച്ചേർന്ന് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മൂർച്ചയില്ലാതായി പോകും ഒത്തുതീർപ്പുകാരായിട്ട് അല്ലെങ്കിൽ പിന്മാറ്റക്കാരായിട്ട് മത്സരം പരാജയങ്ങൾ തുടർന്ന് ഫ്രീക്വൻ്റായിട്ടുള്ള കുറ്റബോധം പെട്ടെന്ന് കുറ്റബോധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും കാരണം നാം വീണ്ടും ജനിച്ചവരാണ് ഉള്ളിലൊരാത്മാവ് ഞരങ്ങുന്നൊരാത്മാവുണ്ട് ശരിക്കും നമ്മളെ ഒരു വിഷമവൃത്തത്തിലാക്കി കളയും സാത്താൻ പ്രിയപ്പെട്ടവരെ എന്താണ് സംഭവിക്കുമ്പോൾ ത്രസപ്പസോറിനൊരു തൻ്റെ രണ്ടാം ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നാം ലേഖനത്തിൽ ഇങ്ങനെ ദേഹീപര ക്രിസ്ത്യാനിയായിട്ട് നടന്നാൽ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്ത്യാനിയായിട്ട് പതിനാറാം വാക്യം ഒന്നിൻ്റെ നാലിൻ്റെ പതിനാറ് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളാരും കൊലപാതകനോ കള്ളനോ അത് പോട്ടെ നമ്മളാരും കൊലപാതകനോ കള്ളനോ ആയി ആയിരിക്കുകയില്ല പക്ഷേ ദു ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല അല്ലെങ്കിൽ പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടല്ല കഷ്ടം അനുഭവിക്കേണ്ടത് നോക്കുക കഥാവിനെ കണ്ടു കത്താവ് നമ്മൾ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്തു നാം ഇന്ന് കത്താവിൻ്റെ മക്കളാണപ്പോൾ തന്നെ എൻ്റെ ലോകവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലും ലോകമോഹങ്ങളിലുമായി ഞാൻ പിന്മാറ്റത്തിലും ഞാൻ പരകാര്യത്തിലിടപെടുന്നവരും പാപങ്ങളുടെ മേൽ ജയമില്ലാത്തവരുമായിട്ട് ആ നിലയിൽ കഷ്ടപ്പെടുന്നൊരവസ്ഥ കഷ്ടം സഹിക്കുന്നൊരവസ്ഥ അത് കത്താവിൻ്റെ കഷ്ടതയല്ല ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ കഷ്ടത അതല്ല നമ്മിതൊക്കെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കഷ്ടമെന്ന് നമ്മൾ നമ്മളെ തന്നെ അങ്ങ് ഒരു സിമ്പതിയിലേക്ക് കൊണ്ടുവരിക എവിടെയാ പ്രശ്നം എവിടെയാണ് എൻ്റെ ദേഹി ലോകവുമായിട്ടുള്ള ബന്ധത്തിലാണ് അതിനെ മരിക്കാൻ ഞാൻ വിടുന്നില്ല എൻ്റെ വീണ്ടും ജനനത്തിൻ്റെ നമ്മളിന്ന് തീതോഷ ആദ്യഘട്ടത്തിൽ നമ്മൾ നിൽക്കുക പുനർജ്ജലന സ്നാനത്താൽ ഞാൻ അങ്ങ് നിൽക്കുക മുമ്പോട്ട് എൻ്റെ മനസ്സിൻ്റെ നവീകരണത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ദൈവം ബാക്ക് സമർപ്പിക്കുന്നില്ല പ്രിയപ്പോഴേ ഈ സ്വാഭാവിക ജീവനെ മരിപ്പിക്കാൻ നമുക്ക് സ്വയം കഴിയുകയില്ല എന്ന് നമ്മൾ രോമാലേഖനത്തിൽ കാണുന്നു ദൈവം നമ്മളിൽ പകരുന്ന ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ നാം ഈൽഡ് ചെയ്യുന്നതനുസരിച്ച് നാം കീഴ്വഴങ്ങിക്കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ ഈ പരിശുദ്ധാത്മാവന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൻ കഴിയുകയുള്ളു മറിച്ച് സ്വന്തം ഈ ദേഹിയെ അല്ലെങ്കിൽ സ്വന്തം ജീവനെ താലോചിക്കുന്ന ഒരുവന് പരിശുദ്ധാത്മാവനായ ഒരു ദാഹം പോലും ഉണ്ടാവുകയില്ല നമ്മളൊന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവനായിട്ടൊരു ക്രേവിംഗ് ഉണ്ടോ ഒരു നിലവിളിയുണ്ടോ ദാഹിക്കുന്നവൻ എന്നുള്ള അളവിൽ എനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകൂത്തി കത്താവേ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല എനിക്ക് പരിശുദ്ധർമാനെ കൂടാതെ എൻ്റെ എൻ്റെ ഹൃദയത്തെ എൻ്റെ മനസ്സിനെ എൻ്റെ ബുദ്ധിയെ എൻ്റെ ശക്തിയെ എനിക്ക് കർത്താവിനെ കിഴികളാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു നിലപാടി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം മനസ്സിലാക്കിക്കൊള്ളാം നാം ലോകസ്നേഹികളാണ് നാം ലോകവുമായി അനുരൂപപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യബോധമില്ലെങ്കിൽ നമുക്കിന്ന് കത്താവിന് മുമ്പിൽ സത്യസന്ധമായിട്ട് വരാം കത്താവേ ആ ഒരു ദാഹം എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയി ഈ ജീവിതത്തിൽ ഈ ക്രിസ്ത്യൻ ജീവിതത്തിലെ സാധ്യതകൾ ഞാൻ നഷ്ടപ്പെടുത്തി കളയാതെ അങ്ങനെയേക്ക് മടങ്ങി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു തീരുമാനമാണ് ഒരു നിശ്ചയമാണ് ഒരു നിർണയമാണ് നമ്മൾ എന്താണ് വേണ്ടത് ഇതിനായിട്ട് ഒരു ബോധപൂർവം ഞാൻ എടുക്കുന്ന ഒരു നിശ്ചയം ലോകത്തെ ജയിക്കുവാൻ എൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്കൊരു ഉറപ്പും ധൈര്യവും ഉണ്ടായിരിക്കണം അല്ലേ ജോഷിവാട പുസ്തകത്തിൽ വളരെ രസകരമായ ഒരു കാര്യം ഞാൻ കണ്ടു ജോഷത്തിലെ ആദ്യ ആദ്യ അധ്യായത്തിൽ അവിടെ ജോഷൂർ കത്താവ് പറയുകയാണ് ജോഷൂർ പറയുന്നെങ്ങനെയാണ് എൻ്റെ ഏഴാം വാക്യം എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക ചെല്ലുന്നൊരുത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറരുത് ഇവിടെ ഉറപ്പും ധൈര്യവും യുദ്ധം ചെയ്യാനല്ല ഉറപ്പും ധൈര്യവും മാത്രമുള്ളവനായി ഇരിക്കുക എന്ന് പറയുന്നത് എന്തിനാണ് എൻ്റെ വചനം മോശയുടെ ന്യായപ്രമാണത്തിലെ വള്ളിയും പുള്ളിയും വിടാതെ നീ അനുസരിക്കുവാനായിട്ട് നീ എന്ത് വേണം നീ ഉറപ്പും ധൈര്യവും നിർണയമുള്ളവനായിരിക്കണം നിന്റെ ഇച്ഛയെ നീ അവിടെ വെക്കണം ഇച്ഛയെ താഴെ വെക്ക താഴെ ഇടുന്നതും കർത്താവിനായിട്ട് എൻ്റെ ജീവിതത്തെ കൊടുക്കുവാനായിട്ടും ഞാൻ ഒരു ഇച്ഛ വെക്കേണ്ടത് ഇച്ഛ അവിടെ ഒരു നിർണയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ദൈവരാജ്യത്തിൽ എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ പ്രമാണം ലോകം നമ്മളെപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കും എപ്പോഴും ഉയരെ നമ്മൾ കേട്ടത് പോലെ ഉയരെ ഉയരെ ഉയരത്തിലേക്ക് പോകുവാനാണ് ഇപ്പോൾ ലോകത്തിൻ്റെ താല്പര്യം പക്ഷേ ദൈവരാജ്യത്തിൽ താഴേക്ക് വരുവാനാണ് താഴെയിടുവാനാണ് ശക്തി ആവശ്യം അല്ലേ യോഹനാൻ്റെ മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം പതിനൊന്നിൻ്റെ പന്ത്രണ്ട് ഇങ്ങനെ പറയുന്നു യോഹനാൻ സ്നാമുക നാൾ മുതൽ ബലവാന്മാരാണ് അത് കയ്യിലൊക്കെ വാല്യൻസ് ആർ ഹു ടേക്ക് സ്വകരാജ്യം ബലപ്രയോഗത്തിന് വിധേയം എവിടാ യോഹനാൻ്റെ സ്നാമക യോഹനാൻ്റെ ശുശ്രൂഷയിൽ ബലപ്രയോഗത്തിന് അല്ലെങ്കിൽ അതേ തുടർന്ന് ബലപ്രയോഗം എന്ന് പറയുമ്പോൾ അവിടെ നാം കാണുന്നത് എന്താണ് ഞാൻ കുറയുന്ന ഒരു ശുശ്രൂഷ ഞാൻ കുറഞ്ഞ് എന്നെ തന്നെ ആ ഗോതമ്പവണി പോലെ താജയ്ക്ക് ഇടുവാനാണ് എനിക്ക് കൂടുതൽ ദൈവത്തിൻ്റെ ശക്തി വേണ്ടത് നമുക്ക് നമ്മുടെ താഴേക്ക് നമ്മളെ തന്നെ ചെറുതാക്കുവാനായിട്ട് നമ്മളെ കർത്താപനായിട്ട് നമ്മളെ താഴ്ത്തുവാനായിട്ട് ആ താഴ്മ കണ്ടെത്തുവാൻ എനിക്ക് ദൈവത്തിൻ്റെ ശക്തി വേണം കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുക കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കത്താവ് വളരെ കരുതലോടെയാണ് താൻ ഈ കാര്യങ്ങളെ നേരിട്ടത് ലോകത്തിന് സന്തോഷമായിരുന്നു കർത്താവിനെ ഉയർത്തുവാൻ കത്താവിൻ്റെ ജീവിതത്തിൽ നോക്കുക കത്താവിനെ ഉയർത്തുവാൻ അവരെ രാജാവാക്കുവാൻ അത്ഭുതത്തിന് പുറകെ ആൾക്കൂട്ടം നോക്കുക അവനെ രാജാവാക്കുവാൻ ഇസ്രായേലിൻ്റെ രക്ഷകരാണ് രാജാവാണ് എന്ന നിലയിൽ കതാവിനെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു അവിടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഉയരുവാനുള്ള തന്നെ സ്വാഭാവികമായ പ്രവണതയെയും തന്നെ ഉയർത്തുവാനുള്ള ലോകത്തിൻ്റെ പ്രവണതയെയും അല്ലെങ്കിൽ ആ പരിശ്രമത്തെയും ഒരുപോലെ കർത്താവ് ജയിച്ചു അല്ലേ താനും മനുഷ്യനാണ് താനും നമുക്ക് നമുക്ക് കടന്നു പോകുന്ന നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പരീക്ഷകളും കർത്താവും കടന്നുപോയി പ്രശംസിക്കപ്പെടുവാൻ ലോകത്തിൻ്റെ ആ നിലയിലുള്ള അംഗീകാരമൊക്കെ താനും ആഗ്രഹിക്കത്തക്ക ഒരു ജലത്തിലാണ് കർത്താവ് വന്നത് അവിടെ നോക്കി നമുക്കറിയാം ഓരോ അത്ഭുതവും ചെയ്ത ശേഷം കത്താവ് അവിടെ കെട്ടി നിന്നില്ല തങ്ങി നിന്നില്ല അവന് താന് ആ നിലയിൽ വളരെ വേഗം അവിടെ നിന്ന് മാറി പ്രാർത്ഥനയ്ക്കായിട്ട് തൻ്റെ ജീവിതത്തെ വെച്ചു കാരണം കാരണം ഇതാണ് പിതാവ് തന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം നിർവഹിക്കാൻ ലോകത്തിൻ്റെ ആ നിലയിലുള്ള സാക്ഷ്യം തനിക്ക് ആവശ്യമായിരുന്നില്ല അല്ലേ യോഹനുസൂചിച്ച് പഞ്ചാമധ്യായത്തിലേക്ക് നോക്കുക ആ അഞ്ചാം അധ്യായത്തിൽ ഒരു കാര്യം നമ്മൾ ആ നിലയിൽ കാണുന്നു യോഹനനുസൂചാമധ്യായം അഞ്ചിൻ്റെ മുപ്പത്തിനാല് എനിക്കോ മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല എനിക്കും മനുഷ്യൻ്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല എന്നിട്ട് അതേ തുടർന്ന് പറയാം നിങ്ങൾ രക്ഷിക്കപ്പെടുവാനത്ര ഞാനിത് പറയുന്നത് ഇപ്പോഴൊരു മനുഷ്യരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാനൊരാളെയും ഞാനൊരാളെയും വകുവാക്കാരെയും ശ്രദ്ധിക്കാറില്ല എന്ന് പറയുന്നത് ആ ഒരാത്മാവരല്ല കർത്താവ് പറയുന്നത് അവിടെ നമ്മൾ യോ ലുക്കാർ അസോസിയേഷൻ പതിനെട്ടാമധ്യായത്തിൽ അങ്ങനെ ഒരാളെ പറ്റി പറയുന്നുണ്ട് അല്ലേ എന്താണ് മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ അല്ലേ ഒരു ന്യായാധ്വനെ പറ്റി പറയുന്ന മനുഷ്യരെ ഭയപ്പെടുകയോ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ അത് ദൈവഭയമില്ലാതെയും മനുഷ്യനെ മാനിക്കാതിരിക്കാൻ കഴിയും ദൈവഭയമില്ലാത്തവൻ്റെ ഒന്നാമത്തെ അടയാളം അവന് മറ്റുള്ളവരെ പറ്റി അവൻ സ്വാർത്ഥനാണ് അപ്പോൾ അത് ചിലരുടെ വീരവാദം പറയും ഞാൻ ഒരുവനെയും നോക്കാറുള്ളൂ എനിക്കത് പ്രശ്നമേ അല്ല നമുക്കത് റിബല്യനാണ് അത് റിബല്യനാണ് കർത്താവാർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നില്ല ശരിയല്ലേ ദൈവത്തിൻ്റെ തിമോത്തിയോസ് പിന്നീട് തൻ്റെ ലേഖനത്തിൽ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കത്താവിൻ്റെ ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ള നിലയിൽ തിമോത്തിയോസിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത് അവിടെ വായിച്ചു നോക്കുക ശ്രദ്ധയോടെ വായിച്ച അവർ കാര്യം മനസ്സിലാവും അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ഈ മൂന്ന് കാര്യങ്ങൾ എവിടെയാണ് മനുഷ്യൻ താൻ ലോകത്തിലായിരുന്നപ്പോൾ താൻ ജടത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചതുപോലെ അബ്രഹാമിൻ്റെ ആരാധന പോലെ തൻ്റെ രഹസ്യമായ തൻ്റെ ഹൃദയത്തിൻ്റെ തൻ്റെ തൻ്റെ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവവും താനുമായിട്ടുള്ള ബന്ധത്തിൽ തൻ ആത്മാവിൽ പൂർണ്ണമായും പിതാവിന് കീഴടങ്ങി ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ബാക്കി പറയുന്നതെല്ലാം തൻ്റെ ക്രൂശ്ഭരണത്തിന് ശേഷം നോക്കുക തൻ്റെ ജീവിതം ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു അത് തൻ്റെ ക്രൂശ്മരണത്തിൽ ഉത്തരണത്തിനും തേജസ്കരണത്തിനും ശേഷം നടന്ന സംഭവമാണ് ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം എണ്ണം വലിയതാകും നോക്കുക ഇവിടെ എന്താണ് മനുഷ്യരിൽ നിന്നും മാനം സ്വീകരിക്കാതെ അത് യോനൻ്റെ സുശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളത് പറയുന്നുണ്ട് എന്താണ് മനുഷ്യൻ്റെ മനുഷ്യ പരസ്പരം ബഹുമാൻ ബഹുമാനം സ്വീകരിക്കുകയും ഏക ബഹുമാനം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ മനുഷ്യരുടെ അംഗീകാരമോ ആ നിലയിൽ മനുഷ്യരനെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ള ഒരു സാക്ഷ്യമോ അല്ലെങ്കിൽ ആ ഒരു സാക്ഷ്യമല്ല കർത്താവ് അന്വേഷിച്ചത് മനുഷ്യ ആന്തരികമായ ഒരു ജീവൻ പിതാവിൻ്റെ സാക്ഷ്യം മാത്രം അന്വേഷിച്ച കർത്താവ് നമുക്ക് കഴിയുമോ പ്രിയപ്പെട്ടവർ നമുക്ക് നമ്മൾ പലപ്പോഴും മനുഷ്യനെ എന്ത് പറയും ഞാനൊരു സാക്ഷ്യമാകേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് ബോധപൂർവമുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ല കർത്താവിനെ എന്താണ് ലൂക്കാസ് വിശേഷം രണ്ടാമധ്യായത്തിലും അങ്ങനെ പറയുന്നു കർത്താവിൻ്റെ ബാല്യകാലം തന്നെ ദേവാലയത്തിൽ ആ മാതാപിതാക്കളെ വിട്ട് ഏകനായി ആ മതപണ്ഡിതന്മാരുടെ കൂടെ ഇരുന്ന് ആ ആ കാര്യങ്ങളൊക്കെ ഇടപെട്ട ശേഷം തിരിച്ച് കത്ത് അവനെപ്പറ്റി പറയുന്നു താൻ തിരിച്ച് നാശത്തിൽ വന്ന് തൻ്റെ മാതാപിതാക്കളൊക്കെ കീഴറങ്ങിയിരുന്നു അവിടെ അതേ തുടർന്ന് എന്താ പറയുന്നത് അവന് പൈതൽ വളർന്നു മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും വളർന്നു വന്നു നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രീതിയിൽ വളരുന്ന ഒരുവനെ ലോകം സിദ്ധിക്കും ലോകത്തിൽ അവന് സ്വാഭാവിക സാക്ഷ്യമുണ്ടാകും അവനുണ്ടാക്കുന്നൊരു സാക്ഷ്യമല്ല അവൻ്റെ ആന്തരിക ജീവിതത്തിൽ നിന്നും ജീവനിൽ നിന്നും പുറപ്പെടുന്നൊരു സാക്ഷ്യമാണത് നമുക്കത് മനുഷ്യനുണ്ടാക്കി തരാം ഉണ്ടാക്കിയെടുക്കാവുന്നതല്ല മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അതാണ് ഒന്ന് യോഹന അഞ്ചിൻ്റെ പത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നമുക്ക് അതാണ് ആന്തരികമായ ഒരു സാക്ഷ്യമാണ് ഈ നാടുകളിൽ പരശുദ്ധാത്മാവ് നടത്തുന്ന ഒരുവൻ ലോകത്തിൻ്റെ സാക്ഷ്യം തേടുകയില്ല കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു കാര്യം ഒരു കാര്യം നമുക്ക് നടത്തി നോക്കാം യോ എൻ എൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും അംഗീകാരം ലഭിച്ച എന്താണ് പതിനൊന്നാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിച്ചു ലാസർ ഉയർത്തു പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ അവിടെ നമ്മൾ അതിന് മുമ്പായിട്ട് ലാസറിൻ്റെ ഭവനത്തിൽ വലിയ ഒരു ഒരു പെസഹായി ദിവസം മുമ്പ് ഒരു അത്താഴം കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുക ലാസർ ലാസർ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവൻ എന്നാണ് ലാസനെപ്പറ്റി പറയുന്നത് പന്തിയിലിരുന്നവരിൽ ഒരുവൻ അന്ന് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം അനേകം യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് ലാസറെ കാണുവാനായിട്ട് കൂടെ വന്നു നമുക്ക് അവിടെ വലിയൊരു ജനക്കൂട്ടം ആർക്കും നിഷേധിക്കാനാവാത്ത വലിയൊരു അടയാളം അവിടെ നടന്നിരിക്കുന്നു ഒരു മരിച്ച് നാലാം ദിവസം ഒരുവൻ ഉയർത്തെഴുന്നേറ്റു അവിടെ ഒരു വാക്യമുണ്ട് പന്ത്രണ്ടിൻ്റെ പത്തിലൊരു വാക്യം പറയുന്നു അവന് അവൻ ഹേതുവായി അതായത് ലാസർ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസേതുവായി കത്താവിൻ്റെ അത്ഭുതം ഹേതുവായി എന്നല്ല പറയുന്നത് ലാസർ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിച്ചു സത്യത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അനേകത്തെ അല്ലെ വേണ്ടി ആദായപ്പെടുത്തിയ ഒരു ഒരു ദൈവമകൻ്റെ ജീവിതം ഒരു ശുശ്രൂഷകൻ്റെ ജീവിതവും ഈ ലാസറിൻ്റെ കാര്യം പറഞ്ഞ ലാസർത് ഒരു ലാസർ എന്താ ചെയ്തത് ലാസർ പന്തിയിലിരുന്നു അല്ലെങ്കിൽ കതാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ലാസറ എഴുന്നേറ്റു ലാസറിനൊരു അധ്വാനവും ഇല്ല കത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അല്ലേ കത്താവിന് വേണ്ടി ഏറ്റവും ശക്തിയോടെ പ്രവർത്തിക്കുന്ന ദേവദാസനും ഈ നിലയിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ എഴുന്നേറ്റു ഞാൻ പന്തിയിലിരിക്കുന്നു കത്താവിൻ്റെ കൂടെ കത്താവിൻ്റെ മേശയിലിരിക്കുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായി നമ്മെയും അവനുയർപ്പിച്ചു ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ശുശ്രൂഷയുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ ഏറ്റവും മഹത്തായ ശുശ്രൂഷക്ക് പോലും അതിൽ കൂടുതൽ ലാസർ ലാസർ മുഖാന്തരം അനേകർ വിശ്വസിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പ്രിയപ്പെട്ടവരെ അവിടെയും തുടർന്ന് പിറ്റേന്ന് കത്താവ് ജലശ്രമിലേക്ക് പോവുകയാണ് അവിടെ നോക്ക് അവിടെ പന്ത്രണ്ടാം വാക്യം പിറ്റ് പിറ്റെന്ന് പിരുന്നാളിന് വലിയൊരു വലിയ പുരുഷാരം യേശു ജലസ്രിമേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരെക്കുവാൻ ചെന്നു ഹോസാന ഇസ്രയേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നാർത്തു നമുക്ക് അവിടെ എന്താണ് അവർ പറയുന്നത് അവിടെ ലാസറിനെ ഉയർപ്പിച്ച അത്ഭുതത്തോടെ കതാബിനെ വീണ്ടും ഇസ്രയേലിൻ്റെ രാജാവായി അവരോധിക്കുവാനായിട്ട് ആ നിലയിൽ കാണുവാനായിട്ട് യഹൂദന്മാർ എല്ലാവരും വീണ്ടും തയ്യാറാവുകയാണ് തന്നെ ഒരു വേള ഇട്ടേച്ച് പോയവർ അവർ മടങ്ങി വന്നു അവർ കതാബിനെ രാജാവായി സ്വീകരിക്കാനായിട്ട് ആ നിലയിൽ തങ്ങളാ കുഴിത്തോലയും ഒക്കെയായിട്ട് രാജാവായി കത്താബിൻ്റെ നാമത്തിൽ വരുന്നവൻ നാർത്തു നമുക്ക് തൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷാ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോകപ്രകാരമുള്ളൊരു വിജയത്തിൻ്റെ സമയമാണ് ഘട്ടവാ അവിടെ അവിടെ യേശു മഹത്വം എടുക്കാൻ ശ്രമിച്ചില്ല മറിച്ച് എന്നാ ചെയ്തേ അവിടെ കാണിച്ച ഒരു കാര്യമുണ്ട് അവിടെ യേശു ഒരു ചെറിയ കഴിതക്കുട്ടിയെ കഴുതയെ കണ്ട് അതിന്മേൽ കയറി എന്താണ് അത് പറയാൻ ഉദ്ദേശിച്ചത് തൻ്റെ ദൗത്യം ഒരു രാജാവായിട്ടല്ല താനൊരു ദാസനെ പോലെ ഞാൻ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഒരു കഴിതപ്പെടുത്തൊരു ദാസൻ്റെ പ്രതീകമെന്നു വണ്ണം തന്നെ താനെ താഴ്ത്തി ആ ജനക്കൂടത്തിന് മുമ്പിലൂടെ ഏതെങ്കിലും രാജാവ് കഴുതപ്പുറത്ത് കയറി കയറിപ്പോവോ നമുക്ക് തന്നെ ഉയർത്തുന്ന ഒരു ലോകത്തിന് കർത്താവ് പ്രതികരിച്ചത് എങ്ങനെയാണ് ഒരു കഴുതക്കുട്ടി തൻ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി രാജ അല്ലെങ്കിൽ ഒരു രാജാവിനെപ്പോലെ രഥത്തിലോ അല്ലെങ്കിൽ ആ നിലയിൽ കുതിരയുടെ ഒരു കഴുതക്കുട്ടിയായിട്ട് തന്നെ തന്നെ ഒരു ദാസൻ്റെ പ്രതീകമായ അല്ലെങ്കിൽ ദാസ്യത്വത്തിൻ്റെ പ്രതീകമായ കഴിതക്കുട്ടിയുടെ മേൽ കയറി ദൈവവചനം എന്താണ് പറയുന്നത് അതൊരു പ്രവചന നിവൃത്തിയാണെന്നാണ് പറയുന്നത് പ്രവചന നിവൃത്തിയാണ് അതേ സക്രിയ പ്രവചനത്തിൽ ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം അവിടെ ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് സി യോൻ ഭയപ്പെടേണ്ട ഇതാ നിൻ്റെ രാജാവ് കഴിതപ്പുറത്തുകയറി വരുന്നു അതേ തുടർന്ന് പറയും നീതിമാനും എൻഡോഡ് വിത്ത് സൽവേഷൻ അവൻ വരുന്നെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തവനായിട്ട് തന്നെ തന്നെ അതിനായിട്ട് കൊടുത്തവനായിട്ട് അല്ലെങ്കിൽ രക്ഷയുടെ മുഖാന്തരമായിട്ട് തന്നെ തന്നെ താഴ്ത്തിയവനായിട്ട് അതിൻ്റെ പ്രതീകം എന്ന വണ്ണമാണ് ആ കഴുതപ്പുറത്ത് കയറി വന്നത് എന്നാണ് പ്രവാചകന് അവിടെ ആ പ്രവചനം കത്താവിനെ പറ്റി പറയുന്നത് അതേ തുടർന്ന് വീണ്ടും നമ്മൾ കാണുന്നു ആ ആധ്യായത്തിൻ്റെ അവസാനത്തേക്ക് അല്ല ഒരു ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ പതിനേഴാം വാക്യം അവൻ ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുതൽപ്പിച്ചപ്പോൾ അവനോടുകൂടി ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞതൊക്കെ വലിയൊരു സംഭവമാണ് ഈ ജനക്കൂട്ടം മുഴുവൻ കത്താവിനെ അനുധാവനം ചെയ്ത് അനേകർ ഈ ലാസറിൻ്റെ ലാസറിനെ മരിച്ചടക്ക് കൂടിയ ശുശ്രൂഷകരായ യഹൂദന്മാരായവർ വന്ന് അവിടെ സാക്ഷ്യം പറയുകയാണ് കത്താവിന് അനുകൂലമായിട്ട് സാക്ഷ്യം പറയുന്നു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു അത് കേൾക്കുന്നവർ കേൾക്കുന്നവർ കർത്താവിനെ എതിരെക്കുവാനായിട്ട് പോകുന്നു അതേ തുടർന്ന് പെരുന്നാളിലെ കത്താവ് കടന്നു ചെല്ലുന്നു ഈ കേട്ടതെല്ലാം ഈ കത്താവ് ചെയ്ത ഈ അത്ഭുതത്തെപ്പറ്റി കേട്ട ചില യവനന്മാർ ഇരുപതാം വാക്യം ജറുസലമിൽ നിന്ന് വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു പെരുന്നാളിൽ ശുശ്രൂഷിക്കാനായിട്ട് വന്ന ഇരുപതാം വാക്യം പെരുന്നാളിൽ നമസ്കരിക്കുവാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു ഇവർ ഗലീലിയിലെ ബെത്സൈതക്കാരനായ ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന അവനോട് യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരുവോ കാണുവാൻ താൽപ്പര്യമുണ്ട് എന്നപേക്ഷിച്ചു പിലിപ്പോസിനെ നോക്കുക അവിടെ വളരെ ബഹുമാനത്തോടെയാണ് കത്താവിൻ്റെ ഈ അത്ഭുതം കേട്ട് ഈ അത്ഭുതത്തിൻ്റെ ഉടയവനായി നാലാം ദിവസം ഒരുവനെ ജീർണിച്ച ഒരുവനെ എഴുതൽപ്പിച്ച ഒരുവനെന്ന നിലയിൽ നോക്കുക കത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഞങ്ങൾക്ക് കാണുവാനായിട്ട് താല്പര്യമുണ്ട് യജമാനനെ എന്നാ പിലിപ്പോസിനെ വിളിക്കുന്നു വളരെ ബഹുമാനത്തോടെ അവിടെ പീലിപ്പോസ് ചെന്ന് അന്ദ്രയോസിനോട് പറഞ്ഞു അന്തയോസും പീലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു യേശു എന്താണ് പറഞ്ഞത് യേശു വളരെ വളരെ പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അല്ലേ തന്നെ അന്വേഷിച്ച് തന്നെ കാണാൻ താല്പര്യപ്പെട്ട ഒരു കൂട്ടം വളരെ ആഗ്രഹത്തോടെ തന്നെ അന്വേഷിച്ച് വന്ന ഒരു കൂട്ടത്തോട് യേശു പറയാൻ ഇരുപത്തി മൂന്നാം വാക്യം യേശു അവരോട് ഉത്തരം പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പണി നിരത്ത് വിളിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും ചത്തുവെങ്കിലോ വളരെ വിളമുണ്ടാകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യ നിത്യത്തിലേക്കായി സൂക്ഷിക്കും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ ഞാനിരുന്നിടത്ത് ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എന്താ കഥാവ് പറഞ്ഞ പറയാൻ ശ്രമിച്ചത് തന്നെ വന്ന തന്നെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു കൂട്ടം യവനന്മാർ അവരോട് പറയാം കഥാപ് പറഞ്ഞതിന് സന്ദേശം ഇതേ ഉള്ളൂ ഞാൻ ഇതിലല്ല മഹത്തപ്പെടുക ഈ അത്ഭുത നിവൃത്തിയല്ല എൻ്റെ മഹത്വത്തിൻ്റെ കാര്യം ഞാൻ ഇതാ തേജസ്കരിക്കുന്ന വഴി ഇതല്ല ഞാൻ ഉയരുന്ന വഴി ഇതല്ല മറിച്ച് ഇതാ ഇതാ ഗോതമ്പമണി പോലെ നിരത്തി വീഴുന്ന വീഴുന്നത് പോലെ ഞാൻ ചാകുവാനായിട്ട് എൻ്റെ പിതാവിന്റെ ഇഷ്ടപ്രകാരം പൂർണ്ണമായും ഈ മനുഷ്യ കൂടത്തെ രക്ഷിക്കാനായിട്ട് ഞാൻ എൻ്റെ ജീവനെ വയ്ക്കുവാനായിട്ട് പോകുന്നു അതാണ് തേജസ് കണ്ണത്തിലേക്കുള്ള വഴി അത്ഭുതങ്ങളോ അടയാളങ്ങളോ അല്ലെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ആകമേറിയ ഒരു മിസ്റ്ററി ആത്മീയ ലോകത്തിന് ഇന്നും ഇത് മനസ്സിലായിട്ടില്ല പ്രിയപ്പെടൂടെ നാം കാണുന്ന ചുറ്റുമുള്ള വിശ്വാസമുഹത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമല്ല ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളും ലോകത്തിൻ്റെ ഉയർച്ചകളും ഒക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു നാളിൽ നോക്ക് കർത്താവ് തൻ്റെ വീര്യപ്രവർത്തിയുടെ മുമ്പിൽ നിന്ന് പറയുകയാണ് ഇതല്ല തേജസ്കരണം ഇതിൽ നിന്ന് ഒന്നും ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതല്ല തേജസ്കരണത്തിലുള്ള വഴി ഗോതമ്പ് മണി നിരത്തി വീണിച്ചാകുന്നെങ്കിൽ നോക്ക് തൻ്റെ ജീവനെ സൂക്ഷിക്കുന്നവൻ അതിനെ കളയും എൻ്റെ ഇഷ്ടങ്ങളെ നിരന്തരം നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ ധാരാളമായ ദൈവത്തിൻ്റെ ആ വക്തത്വം സ്വീകരിച്ച് എവിടെയെല്ലാം എൻ്റെ സ്വയം ജീവനെ കാണുന്നു അവിടെയെല്ലാം ഞാൻ താഴെയിടുവാനായിട്ട് താജയിടുവാനായിട്ട് ഞാൻ മനസ്സ് വയ്ക്കുന്നു അവിടെയാണ് അതാണ് തേജസ്കരണത്തിൻ്റെ വഴി എന്നാണ് കർത്താവ് പറഞ്ഞത് എന്നിട്ട് താനും അവിടെയും ആ ദേഹി പ്രബലപ്പെടുവാനുള്ള സാധ്യതയ്ക്ക് മുമ്പിൽ നിന്ന് കർത്താവ് പറയുക പിതാവേ നിൻ്റെ നാമത്തെ മഹത്തപ്പെടുത്തണമേ അതിനു മുമ്പു പറയാ ഈ നാചികയിൽ നിന്നെ രക്ഷിക്കണമേ അവിടെ ഗറ്റ്സെവൻ തോട്ടത്തിലെ പ്രാർത്ഥനയുടെ ആ യാചനയുടെ ശബ്ദമല്ല മറിച്ച് ലോകത്തിൻ്റെ ഉയർത്തുവാനുള്ള തന്നെ രാജാവാക്കുവാനായിട്ട് തന്നെ ആ നിലയിൽ അംഗീകരിക്കുവാനായിട്ട് വന്നിരിക്കുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ അവിടെയും തൻ്റെ ജീവനെ കണ്ടെത്തി താഴയിടുവാൻ പിതാവേ പിതാവേ എന്നെ സഹായിക്കണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു എന്നാണ് പറ ഇവിടെ വായിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഞാൻ മഹത്തപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്തപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി അതിന് മറുപടിയായിട്ട് കർത്താവ് പറയുക ജനക്കൂട്ടത്തിൽ പറയും ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് കത്താവ് കാണിച്ചു തന്ന വഴി ആ തിരശീല ചിന്തയുള്ള സ്വന്തം ജീവന പുതിയ വഴി കത്താവ് പറയുകയാണ് ലോകത്തിലെ നിങ്ങൾ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പുറകുകയല്ല അതിലല്ല നിങ്ങൾ ദൈവമുഖേതം കാണേണ്ടത് മറിച്ച് എൻ്റെ ജീവനെ എൻ്റെ ജീവന അവനവൻ്റെ ജീവനെ ആ നിലയിൽ താഴെയിടുവാനായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം നമുക്കായിട്ട് വച്ചിരിക്കുന്ന തേജസ്കരണത്തിൻ്റെ വഴിയിലൂടെ നാം പോകുമ്പോൾ അതാണ് അതാണ് അതാണ് വിശുദ്ധിയിലേക്കുള്ള വഴി അതാണ് ജീവനിലേക്കുള്ള വഴി എന്നാണ് താൻ പറയുന്നത് എന്നിട്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അതിൻ്റെ മുപ്പത്തിരണ്ടിലിങ്ങനെ പറയുന്നു ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും കത്താവിൻ്റെ ആകർഷിക്കുന്ന വഴി ഇതാണ് കത്താവ് നാം കൂടുതൽ കൂടുതൽ കത്താവിനോട് ചേർന്ന് വരുവാൻ കൂടുതൽ കൂടുതൽ കർത്താവിനോട് ആകർഷിക്കപ്പെടുവാനായിട്ട് ഈ ജീവൻ്റെ തുടർച്ചയായ ഈ താഴെ അവസ്ഥ ഒരു ഗോതമ്പ പോലെ എൻ്റെ ജീവനെ താഴെ വയ്ക്കുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഞാൻ കണ്ടെത്തിയാൽ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ആ തൻ്റെ ഇഷ്ടം ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷക്കാരന് ഞാൻ എവിടെയോ അവിടെ എന്നെ ശുശ്രൂഷകാരനുമായിരിക്കും അതാ അഞ്ചാം അധ്യായത്തെ നമ്മൾ വായിച്ചാൽ എവിടെ ഞാൻ എവിടെ ആയിരിക്കുന്നുവോ അവിടെ എന്നെ ശുശ്രൂഷകരമായിരിക്കും ഞാൻ നിന്നയുടെ സ്ഥലത്താണ് ഞാൻ അവഹാസ്യത്തിൻ്റെ എന്നെ പരിഹസിക്കുന്ന എൻ്റെ തള്ളിപ്പറയുന്ന എന്നെ നിന്ദിക്കുന്ന എന്നെ പീഡിപ്പിക്കുന്ന ഒരിടത്ത് അവിടെ ഞാൻ നിങ്ങൾ എന്നെ ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങളവിടെ വരുക അവിടെ കാണുക അവിടെ നിങ്ങളുടെ ജീവനെ താഴെയിടുക തൻ്റെ ജീവിതത്തിൽ എപ്പോഴും മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് കത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ഭാഗം ലോഹൻ അസോസിയേഷൻ ഒന്നാം അധ്യായത്തിലും നമ്മൾ സമാനമായൊരു കാര്യം കാണുന്നുണ്ട് കതാവിൻ്റെ ജീവൻ നിരന്തരം ഈ ജീവനെ താഴെയിടുന്ന വഴിയിൽ കത്താവ് പറയുന്നു അവിടെ നോക്കിയ ഒന്നാം അധ്യായത്തിൻ്റെ നഥാനേലെന്നുള്ള ഒരുവനെ കത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നൊരു ഒരു സമയമുണ്ട് അവിടെയും നമ്മൾ കാണുന്നത് പിലിപ്പോസും പിലിപ്പോസ് പോയി നഥായനെ കണ്ടു യവനന്മാർ പിലിപ്പോസിൻ്റെ അടുത്ത് വന്നതുപോലെ ഇവിടെ പിലിപ്പോസ് കത്താവിൻ്റെ അടുക്കലേക്ക് അത്തിമരത്തിന് കീഴിലിരിക്കുന്ന നഥായലിനെയും കൊണ്ട് വരുന്നൊരു ചിത്രമാണ് കർത്താവ് ഒന്നിൻ്റെ നാൽപ്പത്തിയേഴിൽ അങ്ങനെ വന്ന് കാണുക അത് നഷ്ട ഈ നഥായനൊരു ഒരു ഒരു വിശുദ്ധനായ യഹൂദനാണ് കത്താവിൻ്റെ വരവ് രക്ഷകനായ കത്താവ് ഇസ്രയേലിനെ രക്ഷിക്കുന്ന രക്ഷകനെ കാത്തിരിക്കുന്ന ഒരുപന ഒരുവനാണ് അവനോട് പിലിപോസി പറയുകയാണ് വന്ന് കാണുക ഈ നഥായനെ കണ്ടപ്പോൾ കർത്താവ് പറയുന്നു ഇവൻ ഇതാ സാക്ഷാൽ ഇസ്രേലിയൻ നാൽപ്പത്തി രണ്ടാം വാക്യം സാക്ഷാൽ ഇസ്രേലിയൻ ഇവനിൽ കപടമില്ല എന്നവനെക്കുറിച്ച് പറഞ്ഞു നഥായനാപ്പാട് അത്ഭുതപ്പെട്ടു പോയി ആദ്യമുമായിട്ട് കർത്താവിനെ കാണുക ആദ്യം കാണുമ്പോൾ കത്താവ് നഥായനെ പറ്റി പറയുന്നു ഇവനെ സാക്ഷാൽ ഒരു ശ്രേയക്കാരൻ ഇവിടെ ശുദ്ധകൃതയനാണ് ഇവൻ കപടമില്ല കപടമില്ലാത്ത ഒരുവൻ അവൻ നഥായനെ അത്ഭുതപ്പെട്ട് ചോദിക്കുക എന്നെ എവിടെ വെച്ച് അറിയും നാൽപ്പത്തി എട്ടാം വാക്യം നാഥ എന്നെ എവിടെ വെച്ചറിയും അപ്പോൾ കത്താവ് മറുപടി പറഞ്ഞു നീ പില്ലി പോസിൽ നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു താൻ വീണ്ടും അതിശയിച്ചു പോയി ഈ നഥായന അത്ഭുതപ്പെട്ടു പോയി താൻ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഇവിടെയായിരിക്കുന്ന കതാവ് ഇങ്ങനെയാണ് എന്നെ കാണുക തൻ്റെ അത്ഭുതം മറച്ചു വെക്കാതെ ഒരു അതൊരു വലിയ ഒരു അത്ഭുതമായിട്ട് ഇത് കണ്ട് നഥായനിലവനോട് റബ്ബി നീ ദൈവപുത്രൻ നീ ഇസ്രയേലിൻ്റെ രാജാവ് നീ ഇസ്രയേലിൻ്റെ രാജാവ് എങ്ങനെയാണ് ആച്ഛരികമായിട്ട് അവർ കാത്തിരുന്ന ആക്ഷരികമായ ഒരു രാജാവിനെ ഒരു രക്ഷകനെയാണ് അപ്പോൾ ഈ തൻ്റെ ഇത്ര കൃത്യമായി പറയുകയും താൻ എവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തന്നെ കാണാതെ പ്രവചിക്കുവാനും കഴിഞ്ഞ ഒരു ഒരുവന് കത്താവിന് യാത്രയിൽ പറയുക നീ രക്ഷകനാണ് നീ രാജാവാണ് ഇസ്രായേൽ രാജാവാണ് അവിടെ ഈ കർത്താവ് വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ള മറുപടി ആണ് കൊടുക്കുന്നത് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് കത്താവ് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് നിന്നോട് പറയുക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയവ കാണും എന്നുത്തരം പറഞ്ഞു എന്താ കഥാവ് പറഞ്ഞത് നീ ഇങ്ങനെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പ്രവചനത്തിൻ്റെ ഒരു കാര്യം ഒരു ശക്തി ഓർത്ത് അല്ലെങ്കിൽ നിന്നെപ്പറ്റിയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ കഴിയുന്ന കഴിവുള്ളവനായി ഒരുവനെന്ന നിലയിലല്ല അതിനേക്കാൾ ശ്രേഷ്ഠമായ കാര്യം നീ കാണും എന്നിട്ട് പറയുന്നു അമ്പതൊന്നാം വാക്യം ആമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യബുദ്ധൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് അവരോട് പറഞ്ഞു കഥാവ് രണ്ട് പ്രാവശ്യം ആമേൻ ആമേൻ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചിന്തിക്കുന്നത് ഈ ആമേൻ ആമേൻ എന്ന കത്താവ് പറഞ്ഞൊരു കാര്യം പറയണമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആമേനാമേൻ ഇവിടെ നോക്കി ആമേനാമേൻ എന്നുള്ളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്നൊരു കാര്യമാണ് യോഹന്നാലിൻ്റെ സുവിശേഷത്തിൽ ഏകദേശം ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിലാണ് ഇരുപത്തഞ്ച് സ്ഥലങ്ങളിൽ ആമേൻ എന്ന് പറഞ്ഞ കത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആമേൻ ആമേൻ എന്ന് പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ നമുക്കത് ഗൗരവത്തോടെ കാണാം ദൈവം എന്താണ് കതാവ് എന്താണ് പറയാൻ ആഗ്രഹിച്ചത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യബുദ്ധൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെയൊരു അനുഭവം ഈ നഥായനയിൽ എന്ന് കത്താവിൻ്റെ പിന്നീട് തൻ്റെ ശിഷ്യനായ ഈ ഈ ശിഷ്യൻ കണ്ടതായിട്ട് നമുക്കൊരു കാര്യം കാണുന്നില്ല എന്താണ് കത്താവ് പറയാൻ ശ്രമിച്ചത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യബുദ്ധൻ്റെ മേൽ ദൂതന്മാർ കയറിയിറങ്ങുന്നതും ദൈവവുമായിട്ട് പിതാവുമായിട്ടുള്ള തൻ്റെ നിരന്തരമായ ബന്ധത്തെ പിതാവിൻ്റെ പിതാവുമായി ചേർന്ന് പിതാവിനെപ്പോഴും എന്നോട് സംവേദിക്കുവാനും ഞാൻ പിതാവിന് ഞാൻ ഏറ്റവും അനുസരണയോടെ ആ നിലയിൽ പിതാവിനെ അനുസരിക്കുന്ന ഒരുപാട് ഗാഠമായൊരു ബന്ധത്തിൻ്റെ നിഴലായിട്ട് ദൂതന്മാരെപ്പോഴും ആ ആ ഒരു ബന്ധത്തിൻ്റെ ആഴത്തെയാണ് കാണുന്നത് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ആന്തരിക ജീവനെയാണ് പിതാവുമായിട്ട് എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തവണ്ണം പിതാവുമായിട്ടുള്ള എൻ്റെ ഗാഠമായ ബന്ധം ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്ന് വന്ന അളവിൽ നിങ്ങൾ കാണും എന്നുള്ളതാണ് അവിടെ അതുകൊണ്ട് കത്താവ് അർത്ഥമാക്കിയത് ഇത് പഴയ നിയമത്തിനൊരു കാര്യത്തിൽ നിഴലാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നഥായ പറയുന്ന നീയൊരു ഒരു നിഷ്കളങ്കനായ മനുഷ്യനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി യേശു എന്ന ഞാൻ ഈ ലോകത്തിൽ വന്ന് നിരന്തരം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി പിതാവുമായിട്ടുള്ള ഗാഠബന്ധത്തിൽ പിതാവ് പറയുന്നത് മാത്രം അനുസരിക്കുന്നവനായിട്ട് സ്വർഗത്തിന് ഏറ്റവും അടുത്തുള്ളവനായിട്ട് നിരന്തരം ദൈവപ്രവർത്തി എന്നെ എൻ്റെ ഉള്ളിൽ ഉള്ളവനായിട്ട് നിങ്ങളെന്നെ കാണും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കുക മറ്റ് ഒരു കാവട്ടിക്കാരനായ ഒരുമനോട് കത്ത വിടപെടുന്നതും സമാനമായ ഒരു വാക്യം ഒരു ഒരു നമുക്ക് ഒരു വാചകം നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആരാണ് ഇവിടെ പഴയ നിമിത്ത ചിത്രമുണ്ട് യാക്കോബ് യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനെ ഭയപ്പെട്ടും തൻ്റെ അപ്പൻ്റെ ആവശ്യപ്രകാരവും താന് അമ്മ അമ്മയുടെ ഭവനത്തിലേക്ക് പരാമ അതാമിലേക്ക് പോകുന്ന ഒരു ഒരു കാഴ്ച എന്താണ് താനൊരു കാപ്പട്ടിക്കാരനായിട്ടും തന്നെ അപ്പനെ താൻ ആ നിലയിൽ കാപ്പട്ട്യം കാണിച്ച അനുഗ്രഹം വാങ്ങി തൻ്റെ ജ്യേഷ്ഠനെയും ആ നിലയിൽ അതിനു മുമ്പ് ചുവന്ന പായസം കൊടുത്ത് തൻ്റെ ജ്യേഷ്ഠാവകാശവും സ്വന്തമാക്കി തൻ്റെ ജീവിതം കുഞ്ഞൊരു കാപട്ട്യമാണ് അവിടെ തനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ജ്യേഷ്ഠനെ പോലെ ജാതികളുടെ ഇടയിൽ നിന്നൊരു വിവാഹം കഴിക്കാതെ അപ്പൻ്റെ നിർദ്ദേശപ്രകാരം അമ്മാവനായ ലാഭാൻ്റെ അടുക്കിലേക്ക് യാക്കോ പറഞ്ഞയക്കപ്പെടുക നമ്മൾ നോക്കുമ്പോൾ രണ്ടവകാശത്തോടെയാണ് യാക്കോ പോകുന്നത് ഒന്ന് പിതാവിൻ്റെ അനുഗ്രഹം മുഴുവൻ അവൻ്റെ മേലുണ്ട് രണ്ട് ജ്യേഷ്ഠാവകാശവും അവൻ്റെ കയ്യിലുണ്ട് രണ്ടും എങ്ങനെ നേടിയതാ വളഞ്ഞ വഴിയിൽ വക്രതയിൽ തൻ്റെ കാപറ്റ്യത്തിൽ നേടിയതാ അപ്പം യഥാർത്ഥത്തിൽ ഒരു വിജയശൈലാളിതനായിട്ടല്ല തൻ്റെ ഭയ തന്നെ കൊല്ലുവാനുള്ള സാധ്യതയുണ്ടെന്ന് മാതാവ് കേട്ടതനുസരിച്ച് തന്നെ പറഞ്ഞയക്കുകയാണ് പിതാവും അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റൊരർത്ഥത്തിൽ ഇതൊരു പരാജയപ്പെട്ട യാത്രയാണ് കാരണം മുപ്പത്തഞ്ചാം അധ്യായത്തിൽ മറ്റൊരവസരത്തിൽ ഈ പ്രദേശത്തേക്ക് കടന്നു ഉള്ള സാഹചര്യം വന്നപ്പോൾ യാക്കോബ് എന്നാ പറയുന്നത് മുപ്പത്തഞ്ചിൽ ഇങ്ങനെ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ പുറപ്പാടിൻ്റെ സോറി ജന ഉൽപ്പത്തിയിൽ മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഈ യാത്രയെപ്പറ്റി പിന്നീടൊരു അവസരത്തിൽ യാക്കോബ് പറയുന്ന മൂന്നാമ വാക്യം എങ്ങനെയാണ് എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ ഒരു യാഗപീഠമുണ്ടാക്കും എവിടെ ബഥേലിനെ പറ്റിയാണ് പറയുന്നത് ബഥേലിലാണ് താനന്ന് ഒരു രാത്രി അവിടെ കഴിച്ചുകൂടാൻ ഒരു സ്ഥലത്തെപ്പറ്റി പറയുന്നത് എൻ്റെ കഷ്ടകാലത്ത് അപ്പോൾ താൻ ഈ ഈ പാരവതവിനേക്ക് തിരിച്ചു പോകുന്നത് ഒരു വിജയപരമായ യാത്രയല്ല പരാജയപ്പെട്ടവനായിട്ട് തൻ്റെ ജീവിതത്തിലെ കാപട്ട്യത്തിൻ്റെ എല്ലാം അനന്തരഫലമായിട്ടൊരു പരാജയപ്പെട്ട ഒരു ഒളിച്ചോട്ടം പോലെയാണ് താൻ പോകുന്നത് അവിടെ അവിടെ നോക്കുക അവിടെ ഇരുപത്തിയഞ്ചാം അധ്യായ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു എന്നാൽ യാക്കോബ് പത്താം വാക്യം യാക്കോബ് ബർഷബിയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും കൊണ്ട് അവിടെ രാബാർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവൻ സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്നൊരു ഗോമണി അതിന് തലസ്വർഗ്ഗത്തോളം എത്തിയിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മീൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിന്മീതെ യഹോവ നിന്നല്ലേ ചെയ്തു നമുക്ക് ഗോമണിയുടെ മുകളിൽ ആകാശം വരെ മുട്ടി നിൽക്കുന്നൊരു ഗോണി അതിൻ്റെ മീൽ യഹോവ എന്നിട്ട് പറയാം ഞാൻ നിൻ്റെ പിതാവായ എബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിന് ദൈവവുമായ ഹോബയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്നെ സന്തതിക്കും തരും തായോരിൽ പറയാം ഇനി പതിനഞ്ചാം വാക്യം ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അലിച്ചത് നിവർത്തിക്കും പ്രിയപ്പെട്ടവരെ പാപത്തിൽ അല്ലെങ്കിൽ വഞ്ചനയാൽ കബളിപ്പിക്കപ്പെട്ട ഒരുവനെയും നോക്കുക നഥായനെ പോലെ ഒരു വിശുദ്ധനായ അല്ലെങ്കിൽ നിഷ്കളങ്കനായ ഒരുവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പരാജയപ്പെട്ട അവസ്ഥയിലും അല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ ഏത് ഘട്ടത്തിലും നമുക്ക് ഈ വാക്സത്തവണ് നമ്മുടെ ദൈവമക്കളാണ് ദൈവം പറയും ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും പക്ഷെ അവിടെ നമ്മൾ ദാബിന് സോറി അഹോബനെ കാണിച്ചു കൊടുത്ത ചിത്രം ഏതാണ് ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഗോണി ആ ഗോണിയിലൂടെ ദൂതന്മാർ കയറിയിറങ്ങുകയാണ് നമ്മൾ യോഹനാലിൻ്റെ സുവിശേഷത്തിൽ വായിച്ചത് എന്താണ് അവിടെ ഗോമണി കാണുന്നില്ല അവിടെ മനുഷ്യപുത്രൻ്റെ മേൽ ദൂതർമ്മ കയറിയിറങ്ങിയാണ് എന്താണ് ഈ ഗോപണി നമുക്ക് വ്യക്തമാണ് അല്ലേ ദൈവപുത്രനാണ് ഈ ഗോണി സ്വർഗത്തെയും ഈ ഭൂമിയേയും നമ്മളെ ഈ പാപികളായി നമ്മളെ രക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിൽ നയക്കപ്പെട്ട ഒരു ഗോവണിയാണത് ആ ഗോവണിയിൽ ഇവിടെ അവിടെ യാക്കോബ് എവിടെയാ കിടക്കുന്നത് യാക്കോബ് ഒരു കല്ലിലാണ് കല്ലു തലേണയായി തൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ തൻ്റെ ഹൃദയകാഠിന്യത്തിൻ്റെ തൻ്റെ നിരാശയുടെ എല്ലാം പ്രതീകമായിട്ട് ഒരു കല്ലിലാണവൻ കിടക്കുന്ന തലവച്ച് അവിടെ യാക്കോബ് പിന്നീടതേപ്പറ്റി പറയുകയാണ് അല്ലെങ്കിൽ അതേപറ്റി ഈ യാക്കൂബ് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ അതെ തനിക്ക് വെളിപ്പെട്ടി കിട്ടിയത് പൂണങ്ങായി അല്ലെങ്കിലും ദൈവപ്പു തന്നെ ഇന്ന് പ്രിയപ്പെട്ടവരെ സ്വർഗവും ഭൂമിയേയും തന്നെ ബന്ധിപ്പിക്കുവാനായിട്ട് യാക്കോബിന് കാണിച്ചു കൊടുത്ത ഗോവണി ഇന്ന് നമുക്ക് കർത്താവായിട്ട് നമ്മുടെ രക്ഷകനായിട്ട് ദൈവവും നമ്മെ തന്നെ പിതാവിനുമായിട്ട് രമ്യപ്പെടു ഒന്നിപ്പിക്കുവാനായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഇന്ന് അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പരാജയബോധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നോക്കുക നഥായനെ പോലെ നിഷ്കളങ്കനെ മാത്രമല്ല ദൈവം മനുഷ്യ ഏത് ഭാവിക്കും എത്രമാത്രം ഡിസ്കറേജ് ആയിട്ടുള്ള എത്രമാത്രം പരാജയപ്പെട്ട ഒരുവനും ഈ ഗോമണി എന്ത് ചെയ്യണം വ്യത്യാസമെന്നാണ് ഈ കല്ലെടുത്ത് മാറ്റി ഞാൻ ഈ ഗോമണിക്ക് കീഴിലേക്ക് വരണം നമുക്ക് ദൈവപുത്രൻ്റെ മേൽ കയറിയിരങ്ങുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ ഈ ഗോമണി എന്ന വണ്ണം എൻ്റെ കത്താവ് പിതാവിനും എനിക്കും മത്യസ്ഥനായി നിൽക്കുമ്പോൾ എൻ്റെ രക്ഷകരായ കത്താവിൻ്റെ കാലക്കൽ എൻ്റെ ഞാൻ സമർപ്പിക്കണം തുടർന്ന് യാക്കോബ് പറയുന്നു ഞാൻ തൂണാക്കി നിർത്തിയായി കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും ഇപ്പോൾ എത്ര പ്രത്യാശയുള്ളൊരു ഒരു ഒരു കാര്യമാണ് ദാവി യാക്കോബിനത് വെളിപ്പെട്ട് കിട്ടിയില്ലെങ്കിലും ഇന്ന് ദൈവമക്കളായി നമുക്ക് പ്രത്യാശയോടെ ഗുവാണേ നിത്യത വരെ നമ്മൾ സൂക്ഷിക്കാൻ കഴിവുള്ളവനായ കർത്താവ് നമുക്ക് അവിടെ കയറി ഇറങ്ങുന്നത് ദൂതന്മാരാണ് നാം അധ്വാനിച്ച് കയറണ്ട സ്വഗത്തിലേക്ക് കയറുവാനായിട്ട് നാം ഗോണി ഒഴിച്ച് കയറി അധ്വാനിക്കേണ്ട അവിടെ കത്താവാണ് കത്താവാണ് അവിടെ ദൈവത്തിൻ്റെ ദൂതന്മാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മൾ ആ നിലയിൽ നമ്മളെ ആ പ്രവൃത്തി ചെയ്തു കൊള്ളും നാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റവും അധികമായിട്ട് നമ്മൾ കേട്ട വചനത്തോട് ബന്ധപ്പെട്ട് അവിടെ തീത്തോസ് പറഞ്ഞതുപോലെ നമ്മൾ സമൃദ്ധമായി ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മനസ്സിൻ്റെ നവീകരണത്തിനായിട്ട് നമുക്ക് ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം ദൈവം സഹായിക്കട്ടെ യാക്കൂബിനെ പോലെ നമുക്കും പറയാം ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ മാറും ഈ കല്ല് നാളെ ദൈവത്തിൻ്റെ ആലയവുമായി മാറും എൻ്റെ ഹൃദയത്തിൻ്റെ ഏത് കട്ടിയും അല്ലെങ്കിൽ ഏത് പരാജയപ്പെട്ട മേഖലകളുണ്ടോ അവിടെ കത്താവിൻ്റെ ആലയം കത്താവിന് വസിക്കാൻ കഴിയുന്ന വിധം അവിടെ വെളിച്ചം വരും ഞാൻ ഗോണിക്ക് കീഴിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുകയാണ് കത്താവ് എന്ന ബന്ധപ്പെടുത്തുന്ന എന്നെ നിരപ്പില നിരപ്പിലാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കും ഇത് നമുക്ക് പ്രത്യാശിക്കാം നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ